അവരെല്ലാവരും അത് ചെയ്യുമായിരുന്നു ഇല്ല ബിലാൽ എന്നാൽ ബിലാൽ ഒരിക്കലും പീഡനങ്ങൾ അങ്ങേറ്റം അനുഭവിച്ചപ്പോഴും അദ്ദേഹം ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറമേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി പോലും അദ്ദേഹം വാക്കുമാറ്റി പറഞ്ഞില്ല എന്നിട്ട് ബിലാലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ശരീരം ഒന്നുമല്ലായിരുന്നു മുഷിരിക്കുകൾ ചിലപ്പോൾ ബിലാലിനെ മുഷിരിക്കുകളുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും ബിലാൽ അടിമയാണ് കുട്ടികളുടെ കയ്യിൽ ബിലാലിനെ ഏൽപ്പിക്കും അവരിങ്ങനെ ബിലാലിനെയും പിടിച്ച് മക്കയുടെ താഴ്വാരങ്ങളിലൂടെ നടക്കും എന്നിട്ട് അവർ ഉപദ്രവിക്കും കുറെ ആളുകൾ ഉപദ്രവിക്കും കുട്ടികളുടെ കയ്യിൽ ബിലാലിനെ കളിപ്പാട്ടം പോലെ അവർ കൊടുക്കുമായിരുന്നു മർദ്ദിച്ചതിനു ശേഷം അവശനാക്കിയതിനു ശേഷം അദ്ദേഹം അപ്പോഴും പറയും അഹദ് അഹദ് അള്ളാഹുയേഗന അള്ളാഹു എന്നു പറയും ബിലാൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ഉടമസ്ഥനായിരുന്ന ഉമയ്യ ചുബു നേരത്തെ നമ്മൾ പറഞ്ഞു ചുബുനു ബിലാലിനെ വെയിലത്ത് കൊണ്ടുപോയി നിർത്തും എന്നിട്ട് ഉപദ്രവിക്കും വെയിലത്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തും എന്നിട്ട് വലിയ പാറക്കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേലെ കൊണ്ടുപോയി വയ്ക്കും എന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറയും അദ്ദേഹം അവരോട് ചിലപ്പോൾ പറയും ാൾ ദേഷ്യം ഉണ്ടാക്കുന്ന വാക്ക് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ അതേന്ന് പറയുമായിരുന്നത് അഹദി എന്ന വാക്കിനെക്കാൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും വാക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വാക്ക് പറയുമായിരുന്നു എന്ന് ബിലാൽ അവരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു ഈ സംഭവത്തിൽ അലഹാഫു കഹിമഹുല അദ്ദേഹം പറഞ്ഞതുപോലെ ഉള്ള പാഠം എന്താണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് അയാളുടെ ജീവനു ഭീഷണിയുണ്ട് അയാളെ കൊലപ്പെടുത്തും എന്ന് അയാൾ ഭയന്നാൽ അത് അയാൾക്ക് ഉറപ്പായാൽ അയാൾക്ക് ഇസ്ലാം മറച്ചു വെക്കാം ഇസ്ലാം പുറത്തേക്ക് പറയാതിരിക്കാം അത് മറച്ചു വെക്കുന്നത് അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാ ഇലഹഇല്ല എന്ന വാക്ക് പറയട്ടെ അയാൾക്ക് സാധിക്കുന്നത് ചെയ്യട്ടെ അയാൾക്ക് രഹസ്യമായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അഞ്ചു വക്തയെ നിസ്കരിക്കട്ടെ അയാൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന അവസ്ഥയിൽ അയാൾ നിസ്കരിക്കട്ടെ എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ അയാൾക്ക് ഒരാൾ ഒപ്പം ഒരിക്കലും ഒരാൾ പീഡനങ്ങളെ ഭയന്ന് ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല ഇതാണ് സത്യമെന്ന് മനസ്സിലായാലും ഇസ്ലാം സ്വീകരിക്കുക കാരണം നീ ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചാൽ നാളെ നരകത്തിലാണ് ഈ ദീൻ ഈ സത്യമായ ദീൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ാണ് നീ മരിച്ചത് എങ്കിൽ നീ നരകത്തിലാണ് അതുകൊണ്ട് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക അഷു ഇലഹാദു അത് നീ പറയുക അള്ളാഹു എന്നെ സംരക്ഷിക്കും അള്ളാഹു നിനക്ക് കാവലേകും നിനക്ക് സാധ്യമായത് നീ ചെയ്യുക നിനക്ക് പരസ്യമാക്കാൻ സാധിക്കില്ല പരസ്യമാക്കേണ്ടതില്ല ഈ ചരിത്രത്തിലൊക്കെ അതിന് പാഠമുണ്ട് ബിലാൽ അദ്ദേഹം ഇസ്ലാം പരസ്യമാക്കി എന്നാൽ സഹാബികളിൽ പലരും ഇസ്ലാം പരസ്യമാക്കിയില്ലെന്ന് മാത്രമല്ല ചിലർ പീഡനങ്ങളുടെ കാഠിന്യം കാരണത്താൽ ഇസ്ലാമിന് വിരുദ്ധമായി സംസാരിച്ചു അവരാരും അതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു അതുകൊണ്ട് നിനക്ക് സാധ്യമായ രൂപത്തിൽ നീ ദീനുകൊണ്ട് നടക്കുക ഇത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പിന്നീട് ബിലാൽ റബിഅള്ളാഹു അദ്ദേഹത്തെ അബൂബക്കറിനെഹുഹു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ബിലാൽ ബിലാലിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അബൂബക്കർ ഉമയ്യയോട് പോയി പറഞ്ഞു നീ എനിക്ക് ബിലാലിനെ വിൽക്കുക അങ്ങനെ അഞ്ചു ഊക്കയക്ക് അന്നത്തെ പണത്തിന്റെ കണക്കാണത് അഞ്ചു ഊക്കയക്ക് അബൂബർ അള്ളാഹ്വാൻ ബിലാലിനെ വാങ്ങിച്ചു അപ്പോൾ ഉമയ്യ പറഞ്ഞു നീ ഒരു ഒരു ഊക്കയെ ചോദിക്കാണെങ്കിൽ ഊക്കയൊക്കെ ഇവനെ വിളിക്കും അത്ര എനിക്ക് ഇവിടെ ആവാനാവശ്യമില്ല അബൂബക്കറിന സുദ് അള്ളാഹ്വാൻ അദ്ദേഹം തിരിച്ചു പറഞ്ഞു നീ നൂറ് ഊക്കയെ ചോദിച്ചാൽ ബിലാലിന് വേണ്ടി ഞാൻ അത് തരും നീ അഞ്ചു ഊക്കയൊക്കെയാണ് എനിക്ക് വിറ്റത് നീ നൂറ് ഊക്കെ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നൂറുക്കയെ ഞാൻ നിനക്ക് ബിലാലിന് വേണ്ടി തരാൻ തയ്യാറാണ് മോചിപ്പിച്ചത് അദ്ദേഹം ബിലാലിനെയാണ് ഉദ്ദേശിച്ചത് അബൂബക്കർ ചരിത്രത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അബൂബക്കറിന് മറ്റൊരു വലിയ പങ്കുള്ളത് അദ്ദേഹം ധാരാളം പാവപ്പെട്ട ആളുകളെ അടിമകളെ മോചിപ്പിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം സ്വതന്ത്രനാക്കും വലിയ പണം കൊടുത്ത് വാങ്ങിക്കും എന്നിട്ട് മോചിപ്പിക്കും അബൂബക്കറിന്റെ പിതാവ് അബു ഫ അദ്ദേഹം ഒരിക്കൽ അബൂബക്കറിനോട് പറഞ്ഞു മോനെ നീ ഇങ്ങനെ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട് അവരിലെ വളരെ കഴിവുകെട്ട ആളുകളെയാണ് നീ സ്വീകരിക്കുന്നത് കുറച്ച് ശക്തിയുള്ള ആളുകളെ നീ വാങ്ങിച്ച് അവരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ മുഷരിക്കുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ കാത്തു രക്ഷിക്കാൻ അവരെ നിനക്ക് ഉപയോഗിക്കാമായിരുന്നു <أبو> أريد ما أريد لله عز وجل ഞാൻ എത്ര മാത്രം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഈ സംഭവത്താലാണ് വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് അബൂബക്കറിന്റെ കാര്യത്തിൽ അവതരിച്ചത് അല്ലാഹു തുടങ്ങുന്ന ആയത്തുകൾ അത്ഹുവിന്റെ അവതരിച്ച ആയത്തുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയ ആളുകൾ സ്വതക്ക നൽകിയവർ അവർക്ക് നാം എളുപ്പമാക്കി കൊടുക്കും ആ സൂറത്ത് ഏതാണ്ട് മുഴുവനായി ചില ആയത്തുകൾ മാറ്റി നിർത്തിയാൽ അത് മുഴുവൻ അവതരിച്ചത് അബൂബുദ് അള്ളാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് ശരി സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പാഠമാകുന്ന വലിയ ഒരു പാഠമുണ്ട് എന്താണത് ചിലർ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് അലഹു വസ്ല്ലും സുഹാബികളും ഈ കണ്ട പീഡനമെല്ലാം അനുഭവിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിന്റെ ആളുകളാണ് അള്ളാഹു സുഹാന ദീനിന്റെ ആളുകളാണ് അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി അള്ളാഹുബന് അവരെ സഹായിക്കാൻ കഴിയും എന്തുകൊണ്ട് എന്നിട്ടും ഇത്ര കടുത്ത പീഡനങ്ങളും പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു അതിനുള്ള ഉത്തരം ഒരേ ഒരു ഉത്തരമാണ് അള്ളാഹു സുഹാന വിചാരിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ അവർ വിട്ടേക്കപ്പെടുമെന്നാണ് അവർക്ക് മുൻപുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞത് ആരാണ് കളവ് പറഞ്ഞത് ആരാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ പരീക്ഷണങ്ങളുടെ പിന്നിലുള്ള വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ആരാണ് സത്യം പറയുന്നവർ ആരാണ് കളവ് പറയുന്നവർ എന്നത് വേറെ തിരിച്ചറിയലാണ് അതുകൊണ്ടാണ് നോക്കു നിങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മക്ക കാലഘട്ടത്തിൽ മുനാഫിക് എന്ന് പേരുള്ള ഒരു വിഭാഗമേ ഇല്ല കപടവിശ്വാസി എന്ന് പറയാവുന്ന ഒരാളുമില്ല എല്ലാവരും മിനിങ്ങളാൻ ഒരു സംശയവുമില്ല കാരണം പരീക്ഷണത്തിന്റെ സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ മ്മിൻ മാത്രമാണ് ഉറച്ചു നിൽക്കുക എന്നാൽ എളുപ്പമുണ്ടായപ്പോഴോ അപ്പോൾ മുനാഫിക്കൾ വന്നത് അവരെ വേർതിരിച്ചു കാണിക്കാൻ അള്ളാഹു സുഹാന നിശ്ചയിച്ച അവന്റെ സുന്നിൽപ്പെട്ടതാണ് ഈ പരീക്ഷണം നിന്റെ ഇമാൻ സത്യമാണോ നിനക്കത് പരീക്ഷിച്ചറിയണോ ദുരന്തങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നീ എങ്ങനെയാണ് എന്ന് നോക്കുക നിന്റെ സത്യസന്ധത നിനക്ക് വേർതിരിച്ചറിയാൻ പ്രയാസം മുന്നിൽ കാണുമ്പോൾ നീയും നിന്റെ ദീനും എങ്ങനെയാണ് പ്രയാസം മുന്നിൽ കാണുമ്പോൾ നിന്റെ ഈമാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടും എന്ന് അനുഭവപ്പെടുമ്പോൾ എന്താണ് നിന്റെ അവസ്ഥ അള്ളാഹു സുഹാറീനും ഒരു വിഭാഗം ആളുകൾ അവരോട് പറയപ്പെട്ടു ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ചിരിക്കുന്നു എല്ലാവരും നിങ്ങളെ കൊല്ലാൻ ഒരുമിച്ചിരിക്കുന്നു സുറത്തിൽ ഹസാബിൽ വന്ന ആയതാണ് അത് ും നിങ്ങൾ ജനങ്ങളെ പേടിക്കണം എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് പ്രയാസമുണ്ടാകുമ്പോൾ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നീയും നിന്റെ ദീനും എങ്ങനെയാണ് എളുപ്പങ്ങളിൽ ദീനും മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് പലർക്കും സാധിച്ചേക്കാം പ്രയാസമുണ്ടാകുമ്പോൾ നിന്റെ ദീൻ എങ്ങനെയാണ് പലർക്കും പ്രയാസം ഉണ്ടാവേണ്ടതില്ല പ്രയാസം ഒരു മൈലപ്പുറത്ത് എത്തിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ മതി അവൻ ദീന് പലതുപേക്ഷിക്കും എത്രയോ ആളുകളെ നമ്മൾ അങ്ങനെ കാണാറുണ്ട് എന്തിനധികം പല ആളുകളും ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എത്തിയാൽ അസലാമലൈക്കും എന്ന വാക്കു വരെ ഉപേക്ഷിക്കും അസലാം പറ മുസ്ലിമുമായി ഇസ്ലാമുമായ ഒരു ബന്ധവുമുണ്ട് എന്ന് അവൻ ഒരിക്കലും തോന്നിപ്പിക്കുകയില്ല ദീനിനെ അവൻ അകലേക്ക് വലിച്ചെറിയും ഒരു മുസ്ലിമിനൊരിക്കലും യോജിച്ച സ്വഭാവങ്ങളിൽ പെട്ടതല്ലെല്ലാം ഉണ്ട് നമ്മുടെ മുൻഗാമികൾ അവരനേകം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൽ ശരി ഈ പ്രയാസങ്ങൾ അവക്കിടയിൽ അവ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അബ്ദുൽബിൻ മസൂദ് അള്ളാൻ സുഹാബികളിലെ ആലിമാണദ്ദേഹം അദ്ദേഹം സൊഹാബികളോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ അവര് ചിലർ പറഞ്ഞു മക്കയിലെ മുഷിരിക്കുകൾ അവർക്ക് പരസ്യമായി കുറാൻ കേൾപ്പിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് പരസ്യമായി അവരെ കുറാൻ കേൾപ്പിക്കാൻ ഇതുവരെ പരസ്യമായി പാരായണം ചെയ്തിട്ടുള്ളത് റസൂൾ മാത്രമാണ് സല്ലു അലൈഹി വസ്ല്ലാം അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളവരായിരുന്നു സഹാബികളിൽ ഒരാളും ഇതുവരെ മക്കിടയിലും ദുർബലനാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായിരിക്കണം അദ്ദേഹത്തിന്റെ കാല് വളരെ നേർത്തതായിരുന്നു ഒരിക്കൽ റസൂളുകൾക്ക് വേണ്ടി അറാക്ക് പൊട്ടിക്കാൻ അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ കയറി അപ്പൊ കാല് പുറത്തേക്ക് കാണാൻ കണ്ടു സഹാബികൾ ചിരിച്ചു റസൂടെ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു മസൂദിന്റെ കാല് വളരെ ചെറുതാൻ അത് കണ്ടപ്പോൾ ചിരിച്ചു വളരെ ചെറിയ വളരെ ദുർബലനായിരുന്നു അദ്ദേഹം ശക്തിയില്ലായിരുന്നു അദ്ദേഹം അപ്പോഴാണ് നബിസാഹു അലഹി വസല്ലം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ കാലുകൾ നാളെ പരലോകത്ത് ഭാരമുണ്ടായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ രണ്ട് കാലുകൾക്ക് ഒഹദുമലയേക്കാൾ ഭാരമുണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു അന ഞാൻ റെഡിയാണ് ഞാൻ അവർക്ക് കുറാനോധികൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അവർ പറഞ്ഞു അബ്ബുൽ മസറൂദ് നീ അവരുടെ പോയി കഴിഞ്ഞാൽ എന്റെ കഥ കഴിയും കുറച്ച് സ്ഥാനവും മാനവും ആളുകൾക്കിടയിൽ ആദരവുമുള്ള ഏതെങ്കിലും ഒരു തന്നെ പറഞ്ഞയക്കണം എന്നെ പറഞ്ഞയച്ചാൽ പിന്നെ തിരിച്ചും കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു അള്ളാഹു അവൻ എന്നെ സംരക്ഷിക്കും ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നു വയമ്പുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നു എന്നിട്ട് അദ്ദേഹം കേൾക്കുന്നത് അവരത് കേട്ടപ്പോൾ എന്താണ് ഇബിൻ മസറുദ് ചൊല്ലുന്നത് എന്നവർ കുറച്ചു നേരം ചിന്തിച്ചു പോയിട്ട് അവർക്ക് മനസ്സിലായി ഇബു മസുദ് മുഹമ്മദിന്റെ ഖുർആാനാണ് ഓതുന്നത് അവർ അദ്ദേഹത്തിന്റെ മേൽ ചാടി പോണു അദ്ദേഹത്തെ ഉപദ്രവിച്ചു ടിച്ചു തൊഴിച്ചു അങ്ങനെ ചോര മുഖത്തൊന്നാകെ ചോര പോരണ്ട അവസ്ഥയിൽ ഇബിൻ മസ്രൂദ് സഹാബികൾക്കിടയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ പറഞ്ഞു ഇബിൻ മസ്രൂദ് നിന്നോട് ഞങ്ങൾ അപ്പളേ പറഞ്ഞതേ അദ്ദേഹം പറഞ്ഞു ഞാൻ നാളെയും അവരുടെ അടുക്കൽ ചെല്ലും രാവിലെ തന്നെ ഇനിയും ഞാൻ ചെല്ലും ഇപ്പോൾ പുറേശികളോട് എനിക്ക് തോന്നുന്ന നിന്നയത അത് എനിക്ക് ഇതിനു മുൻപ് തോന്നിയിട്ടില്ല അവരിത്ര ചെറുതാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സുഭാള്ള അവർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും അവരുടെ ഈ മാൻ ശക്തമാക്കുകയാണ് ചെയ്തത് സഹോദര പ്രയാസങ്ങൾ പടിവാതിൽക്കലെത്തിയിട്ടുണ്ട് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്ന ഈയൊരു സന്ദർഭം നമ്മെ മുസ്ലിംങ്ങളെ ദീനിലുറച്ചു നിൽക്കുന്നവരെ മറ്റു സമുദായങ്ങൾ ഒഴുങ്ങിക്കളയുമോ എന്ന് നമ്മളിൽ ചിലരെങ്കിലും ഭയക്കുന്ന ഈ സന്ദർഭം ഈ സമയത്ത് നാം ഈ കഥകൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഇത് വീണ്ടും ഉണ്ട് വായിക്കേണ്ടതുണ്ട് നമുക്ക് നിങ്ങൾ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തകർക്കാൻ ശ്രമിച്ച ദീനാണിത് ആ ദീൻ എവിടെയാണ് ആ ദീനിൻ്റെ ആളുകളിന്ന് എവിടെയാണ് അള്ളാഹു കഴിവുള്ളവനാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തന്നെ കാത്തുരക്ഷിക്കാൻ ഈ കഥകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ പെട്ടതാണത് നമ്മൾ പല സ്ഥലങ്ങളിലായി കാരണങ്ങളില്ലാതെ ന്യായമായ ഒരു വിഷയവുമില്ലാതെ എത്രയോ ആളുകൾ ജനക്കൂട്ടങ്ങൾ ആളുകളുടെ മർദ്ദനങ്ങൾക്ക് വിധേയരാകുന്ന ചിത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കണം ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട സംഭവങ്ങളാണിത് ഇവരെ എഴുതത്തുള്ളവരാക്കി അറബിന് നമ്മെ എഴുതത്തുള്ളവരാക്കാൻ പ്രയാസമില്ല അവരെണ്ണത്തിൽ കുറവായിരുന്നു സഹാബികൾ എന്നിട്ട് അള്ളാഹു അവരെ ലോകത്തിന്റെ നേതാക്കന്മാരാക്കി നമ്മളെണ്ണത്തിൽ കൂടുതലാണ് നാം ദീനിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന് നമ്മെ കഴിഞ്ഞുപോയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നത് പ്രയാസമുള്ള കാര്യങ്ങളിൽ പെട്ടതേ അല്ല സഹോദരങ്ങളെ അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഈ പ്രയാസങ്ങൾ നാം ഈ കേട്ട പ്രയാസങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്ന വേളയിൽ ഉദ്ധരിച്ച ഹദീദിൽ കാണാം ഒരിക്കൽ വിസാഹു അലഹി വസല്ലം കബയുടെ തടലിൽ ഇങ്ങനെ റസൂറുകളൊക്കെ റസൂൽ അലി വസ്ലം അവിടുത്തെ മേൽമുണ്ട് അവിടുത്തെ മേൽ തുണി അതിങ്ങനെ തലയണിയാക്കി കബയുടെ തണലിൽ ഇങ്ങനെ കിടക്കുകയാണ് സഹാബികളിൽ ചിലർ ചുറ്റുമുണ്ട് അള്ളഹ് ആ സന്ദർഭത്തിൽ റസൂൾ അടുക്കൽ ചെന്നു എന്നിട്ട് അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹു അങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ അള്ളാഹുവിനോട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ആരാണ് സഹാബികളിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച അദ്ദേഹത്തെക്കാൾ പ്രയാസം അനുഭവിച്ച മറ്റൊരു സഹാബി ഇല്ലാഹു അലി ഹുസനം അത് കേട്ടപ്പോൾ റസൂൾ പറഞ്ഞു നിങ്ങളിൽ മുസ്ലിങ്ങളിൽ പെട്ടർക്ക് മുൻഗാമികളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കുഴികൾ കുഴിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയിൽ ആളുകൾ കുഴിയുണ്ടാക്കും എന്നിട്ട് ആ മനുഷ്യനെ മുസ്ലിമിനെ കൊണ്ടുപോയി ആ കുഴിയിലിടും ഭയുഷപ്പു വിസന ചെയ്യുന്നു അവന്റെ തലയുടെ മുകളിൽ അവർ അവരുടെ ആയുധം കൊണ്ടുപോയി വെക്കും എന്നിട്ട് ആ ഈർച്ചവാളുകൊണ്ട് അവന്റെ ശരീരം രണ്ടായി മുറിച്ച് രണ്ടു ഭാഗത്തേക്കായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ കുഴി അവർ മൂടിയിട്ടിട്ടുണ്ട് അതൊന്നും അവരുടെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല ആ അവസ്ഥയുണ്ടായി കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കൊണ്ടുപോയി അവരുടെ തലയുടെ നടുവിൽ കൊണ്ടുപോയി ഈർച്ചവാൾ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ട് കഷ്ണമാക്കി അവരെ കുഴിച്ചുവിട്ടിട്ടുണ്ട് അവർ ചീർപ്പുകൾ കൊണ്ട് ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരത്തിൽ ഇറച്ചികൾ വാരിയിട്ടുണ്ട് അവരുടെ ശരീരത്തിലുള്ള എല്ലിന്റെ മുകളിൽ ആ ഈർച്ച ആ ഈർച്ച വാളുകൾ കൊണ്ട് അവർ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് എല്ലിന്റെ മുകളിൽ മാന്തിയിട്ടുണ്ട് അവരുടെ നരമ്പുകൾ കൊണ്ട് അവർ വലിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നായ സുദ് അത് അവരുടെ ദീനിൽ നിന്ന് അവരെ പിന്നോട്ടാക്കിയിട്ടില്ല പറഞ്ഞു അള്ളാഹു അതിന്റെ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ നാളെ ഒരു ദിവസം വരും ആളുകൾക്ക് ഭയക്കാതെ പേടിക്കാതെ ഒരാളെയും ഭയക്കാതെ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിർഭയത്വം അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് നൽകും ും എന്നാൽ നിങ്ങൾ തിരക്കുകൂട്ടുകയാണ് റസൂബിനോടത് പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം ഒരുകി വീണുകൊണ്ടാണ് അദ്ദേഹം കിടന്ന തീ കനലുകൾ കെട്ടുപോയത് ആ ഹബ്ബാബിനോട് റസൂല പറഞ്ഞ വാക്കാണിത് വലാ കിന്നും നിങ്ങൾ തിരക്കുകൂട്ടുകയാണ് മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ ഹബ്ബാബിന്റെ വാക്കുകളോട് റസൂളുള്ള പ്രതികരിച്ചത് ഇപ്രകാരമാണെങ്കിൽ എന്താണ് നമ്മളിൽ പലരുടെയും പ്രവർത്തികളെ റസൂൾ ലാഹി സാഹുഅലഹി വസ്ല്ലം വിശേഷിപ്പിക്കുക നമുക്ക് നിസ്കരിക്കാൻ അനുവാദമുണ്ട് നമുക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ചിലർക്ക് അവർ പറയുന്നത് ഇവിടെ ഇതാ നമ്മുടെ സമൂഹം ഇവിടെ നാം വാളെടുത്തിറങ്ങേണ്ടതുണ്ട് ആയുധം എടുത്തിറങ്ങേണ്ടതുണ്ട് എവിടെയോ ഈ നാടിന്റെ മുക്കിലും മൂലയിലും എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ട് അവർ ക്ഷണിക്കുന്നത് വാളെടുക്കാനാണ് ആയുധമെടുക്കാനാണ് ഇതാ സഹോദര റസൂൾ ഉള്ളക്ക് ഇസ്ലാമിക വരണമില്ലാത്ത കാലഘട്ടത്തിൽ അവിടുന്ന് മക്കയിൽ ജീവിച്ച ജീവിതമാണിത് പീഡനങ്ങൾ അനേകം അനുഭവിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ച ക്ഷിക്കും <khibabin>